നിനക്കു മുൻപ് നാം ഒരു ദൂതനെയോ പ്രവാചകനെയോ അയച്ചപ്പോഴെല്ലാം അദ്ദേഹം എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ പിശാജ് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളിൽ ഇടപെടാറുണ്ടായിരുന്നു പിന്നീട് പിശാജ് ഇടപെട്ടതിനെ അള്ളാഹു സുബഹാനഹൂവത്തയാല മായ്ച്ചു കളയുകയും അള്ളാഹുസുബഹാനഹൂവത്തയാല തൻറെ ദൃഷ്ടാന്തങ്ങളെ ദൃഢമാക്കുകയും ചെയ്യുന്നു അള്ളാഹുസുബഹാനഹഹൂവത്തയാല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്